ക്ഷാത്കാരം പുരുഷിതേ പ്രാർത്ഥിത മനുഷ്യര് ആഗ്രഹിക്കുന്നത് എന്നാണ് നേടാൻ ആഗ്രഹിക്കുന്ന ആരാണ് പുരുഷാർത്ഥമെന്ന് ബ്രഹ്മസാക്ഷാത്കാരം പുരുഷാർത്ഥമല്ല എന്നാണ് പറയുന്നത് ഉറോക്ഷ എന്തുകൊണ്ട് പുരുഷ വ്യാപാര വ്യാപ്യൂഹി പുരുഷാർത്ഥം പുരുഷ വ്യാപാരം എന്നുവെച്ചാൽ മനുഷ്യന്റെ പ്രയത്നം വ്യാപ്യം എന്നുവെച്ചാൽ സാധ്യം മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് നേടേണ്ടതാണ് പുരുഷാർത്ഥം അത് ശരിയാണ് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ധർമ്മ അർത്ഥം കാമ മോക്ഷം ഇതെല്ലാം തന്നെ പഴയകാലം നമ്മളെ എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സ്മൃതികളിലും നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യര് എന്താണോ അവന്റെ പ്രയത്നം കൊണ്ട് ഇത്രയും നേടുന്നു ധർമ്മത്തെ നേടണം ധർമ്മം എന്ന് പറയുമ്പോൾ ധാർമ്മികമായ പ്രവൃത്തികളും ധാർമ്മികമായ പ്രവൃത്തികളിൽ നിന്നുണ്ടാകുന്ന പുണ്യം ഇതിന് രണ്ടിനെയാണ് പഴയകാലത്ത് ധർമ്മം എന്ന് പറഞ്ഞിരുന്നു അന്ന് അതൊരു വലിയ സമ്പത്തായി കണക്കാക്കിയിരുന്നു ധാർമ്മികമായ പ്രവൃത്തികൾ ഇവിടെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അത് പ്രധാനമായിട്ടും പഴയകാലത്ത് കണക്കാക്കിയിരുന്നത് സത്പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒന്ന് മുഖ്യം ഒന്ന് കീർത്തി സത്കീർത്തിക്ക് വേണ്ടിട്ട് ലോകരൊക്കെ അറിയണം ദാനം ധർമ്മം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോകരൊക്കെ അറിയണം ഇയാൾ ആളാണ് അതൊന്നും അതാണ് പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങൾ എന്താണ് സമ്പത്ത് ഉണ്ടാവുക ഇതൊക്കെ ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ലോ ഉണ്ടായിരുന്നവരെ പ്രാധാന്യം കൊടുക്കുന്ന അന്ന് സത്കീർത്തിക്കാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു രാമായണത്തിൽ എഴുതിയിരിക്കുന്നു ശ്രീരാമൻ പറയുന്നു സീതയെടുത്ത് നിന്നെ രാക്ഷസം തട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ പറയെ അന്വേഷിച്ചിരുന്ന എന്തിനു വേണ്ടിട്ടാണ് എന്റെ സത്കീർത്തിക്ക് വേണ്ടിട്ടാണ് അവസാനം പറയുന്നുണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും പിന്നെ ഇപ്പം നിന്നെ ഉപേക്ഷിക്കുന്ന എന്തിന് അതും എന്റെ സത്കീർത്തിക്ക് വേണ്ടിട്ടാണ് കാരണം വേറിരുത്തം കൊണ്ടുവന്നു വച്ചിരുന്ന ഒരു സ്ത്രീയെ ഞാൻ വീണ്ടും ഭാര്യയുമായി സ്വീ ഭാര്യയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം തന്നെ പഠിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കണം എനിക്ക് കീർത്തി കീർത്തിക്ക് വേണ്ടിട്ടാണ് ഭാര്യ ഉപേക്ഷിക്കുന്നത് ലോകത്തിലാദ്യത്തെ മനുഷ്യനായിരിക്കും കീർത്തിക്ക് വേണ്ടി ഭാര്യ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് അറിയത്തില്ല ഭാര്യ ഇഷ്ടമല്ലെങ്കിൽ ഉപേക്ഷിക്കാം അത് വേറെ കാര്യം പക്ഷെ കീർത്തിക്ക് വേണ്ടി ഉപേക്ഷിക്കുകയും കേന്ദ്ര സംഭവം പിന്നെ ഭാര്യയെ സ്വീകരിച്ചിട്ട് കാട്ടിക്കൊണ്ട് കളയുമ്പോഴും ഇത് തന്നെ പറയുന്നു ഞാൻ എന്തിനു കാട്ടിക്കൊണ്ട് കളയുന്നു എന്റെ കീർത്തിക്ക് വേണ്ടിട്ടാണ് എന്താ രാമന്റെ പ്രധാനമായ കീർത്തി അത് ധർമ്മമാണ് അതിനാണ് എന്ന് രാമോ വിഗ്രഹാൻ ധർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇതിവിടെ ചേർക്കുന്നതായി രാമൻറെ വിഗ്രഹം പറഞ്ഞ മൂർത്തമായ രൂപമാണ് വിഗ്രഹം തന്നെ ധർമ്മം തന്നെ ഒരു മനുഷ്യരൂപം പ്രാപിച്ചാണ് രാമൻ എന്ന പറയുന്നത് ഞാൻ രാമനെക്കുറിച്ച് ഇങ്ങനെ കൊറേ അങ്ങ് പറഞ്ഞു വള്ളിക്കാർ എന്റെ ചൂട് ഇതുവരെ തീർന്നിട്ടില്ല രണ്ട് മൂന്ന് കൊല്ലമായി ഇപ്പോഴും എന്റെ ചൂടവിടെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ടാ ചൂട് ഇതുപോലെ കൊറേ അങ്ങ് പറഞ്ഞു കാര്യം തന്നെ രാമായണത്തിനുള്ള കാര്യം രാമനെ മോശിച്ചല്ല രാമായണത്തിൽ എഴുതിയിരുന്നു പഴയ ക്ലാസ് നോക്കിയാ അറിയാതെ അല്ലല്ലോ ഇഷ്ടമൊന്നും അവനൊന്നും ആണെന്ന എന്റെ ഓർമ്മ അല്ലാണ്ടൊന്നും ഒന്നമായിരുന്നു സ്വാധീനം ഏഹ് സ്വാഭാവിക ആണ് സ്വാമി അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിവരും ഞാൻ വിടും ഞാൻ വിടത്തുമില്ല അതവിടെ ഇവിടെ ആയിച്ച് കോംപ്രമൈസം നമുക്ക് പ്രത്യേകിച്ച് ലാഭം ഇല്ലാത്ത ലാഭമില്ലാതെ അല്ല ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെ കൊണ്ടുള്ള ലാഭം അത് വേണ്ടെന്ന് വയ്ക്കുന്നതിന് എനിക്ക് യാതൊരു പ്രയാസമല്ലോ പക്ഷെ ഞാൻ പറയാനുള്ള പറയും അത് ഒന്നും ആർക്കും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയും ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്നത് അത് വിട്ടിട്ട് ഒരു കളിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ എന്തായിപ്പോവും അതങ്ങനെ പറയാൻ പാടില്ല പിന്നെ ഇത്ര കാലം നമ്മള് ജീവിച്ചതിനു വേണ്ടി ഈ സംസ്കൃതമൊക്കെ പഠിച്ചതിനു വേണ്ടി ഏ ഹിമാലയത്തിൽ പോയതിനു വേണ്ടി നമുക്ക് മനസിലായ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ഒരു അർത്ഥമില്ലാതെ ആയിക്കോലെ ജീവിതത്തിന് അതുകൊണ്ട് അതൊക്കെ പറഞ്ഞേ പറ്റൂ ചുരുക്കത്തിൽ എന്താണ് കച്ചിട്ട് തുപ്പാനുമതിട്ട് അങ്ങനെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തരുന്ന അത് വളരെ സിമ്പിളല്ലേ അതായത് അതിലങ്ങനെ ആശയക്കുഴപ്പം വരുത്തേണ്ട കാര്യമില്ല ബ്രഹ്മം എന്ന് പറയുന്നത് തത്വചിന്തയും ബ്രഹ്മമുണ്ട് മനുഷ്യന്റെ വിശ്വാസത്തിൽ ബ്രഹ്മമുണ്ട് സയൻസ് എന്ന് വരെ ബ്രഹ്മത്തെ കണ്ടെത്തിയിട്ടില്ല ഇതാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ ബ്രഹ്മത്തിനെതിരൊന്നുമല്ല ശ്രീരാമന് എതിരല്ല നമ്മള് മനസിലാക്കിയ കാര്യം പറയുന്നു പിന്നെന്താ ചോദിക്കേണ്ട കാര്യം തോന്നുന്നു ഇനിയാ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും തത്വചിന്താഗ്രഹന് സർവേകമായി തത്വചിന്തയിലുണ്ട് ഇതല്ലേ ഞാൻ പറയുന്നത് പിന്നെന്താ എന്താ ഞാൻ ബ്രഹ്മ ഇല്ലെന്ന് പറഞ്ഞു പ്രതീതി മാത്രമല്ല പ്രതീതി നമുക്ക് തോന്നുന്നത് ബ്രഹ്മുള്ളതും ഐ എം കോൺഷ്യസ് ഓഫ് തിങ്സ് മീൻസ് ഐ എം ദ കോൺഷ്യസ്നെസ് അതാണ് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കി അപ്പൊ ബ്രഹ്മം ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനവും പ്രശ്നമാണ് അതെങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ശരി മലയാളത്തിൽ പറഞ്ഞില്ലേ വിശ്വദാന സ്വാമി അതിനൊപ്പം വരത്തില്ല മലയാളത്തിൽ പറയത്തൊന്നും ഈ ഇംഗ്ലീഷ് വരത്തില്ല കോൺഷ്യസ്നെസ് അത് ഇതൊന്നും പറഞ്ഞു ഒരു കാര്യമില്ല തത്വൻ എന്താഗ്രഹനത് അതാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം അതിനൊപ്പം ഇതൊന്നും വരത്തില്ല അപ്പൊ തത്വെന്തേലും ഉണ്ടെന്നാണ് ഗുരുവും പറയുന്നത് ഞാനും അതേ പറയുന്നുള്ളു പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിലും പിന്നെ അതിൽ ഈ മറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നിരന്തരം പറയുന്നതാണ് അത് പൂർവപക്ഷം എന്ന് പറയും നിരന്തരം പറയും അങ്ങനെ ഒരു സാധനം ഇല്ല ഇല്ല ഇല്ല എന്ന് പറയും അവസാനം സിദ്ധാന്തി പറയും ഉണ്ട് എന്ന് പറയും ഇത്രയുള്ള വ്യത്യാസം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേയുള്ളൂ ഇപ്പൊ ധർമ്മം പറഞ്ഞു അർത്ഥം എന്ന് പറയുമ്പോ എന്താണ് സമ്പാദിക്കുന്ന എല്ലാം മറ്റു ധർമ്മം പ്രധാനമായും പുണ്യമാണ് അവരാണ് കീർത്തിയും മറ്റും പിന്നെ അർത്ഥം പിന്നെ കാമം സുഖാനുഭവങ്ങൾ ഇതൊക്കെ സമ്പാദിച്ചു വെച്ച അനുഭവിക്കണ്ടേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോക്ഷം ഈ ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറയുന്നത് പഴയകാലത്തെ ചതുരാശ്രമങ്ങളോട് ബന്ധപ്പെടുത്തി പറഞ്ഞാണ് ബ്രഹ്മചര്യം ബാലപ്രസ്ഥം ആശ്രമം ഇതിനോട് സന്യാസം അതിന് അവസാനം സന്യാസി എത്തിച്ചേരുമ്പം മോക്ഷം അതുമായി ബന്ധപ്പെടുത്തിയാണ് പണ്ടെഴുതി വച്ചത് മനുഷ്യര് അവസാന മോക്ഷത്തെ നേടണം എന്നുള്ള രീതിയിൽ നിർബന്ധമാണ് ഈ പറയുന്ന എല്ലാം പണ്ട് ത്രൈവർണ്ണികർക്ക് വേണ്ടി പറയുന്ന പരമാർത്ഥ മാമോക്ഷങ്ങളെന്ന് പറയുന്നത് ട്രൈവർണികർ വെട്ടിട്ട് പിന്നെ ശൂദ്രൻ ശൂദ്രന് മോക്ഷമാകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ചാതുർവർണ്ണയത്തിലെ ശൂദ്രനായിരിക്കുന്നു ണനും ക്ഷത്രിയനും വൈശ്യനും സേവ ചെയ്യുന്ന ശൂത്രം അത് കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ ബാഹ്യജാതികളാണ് അവർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല അവർക്കുണ്ടാവുന്ന ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ അവർക്ക് വിധേയത്വം ഉദ്ദേശം ഈ പുരാണങ്ങൾ കേൾക്കുമ്പോഴും വ്യവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ജാതി വ്യവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ആ വ്യവസ്ഥ ഉള്ളില് നിൽക്കണം ബ്രഹ്മചര്യത്തില് പഠനവും അധ്യയനവും ഗൃഹസ്ഥാശ്രമത്തില് ഉപാസനത്തിന് ഇതൊക്കെ അതൊക്കെ ബ്രാഹ്മണർക്ക് വേണ്ടി പറഞ്ഞിരിക്കുക പ്രധാനമായിട്ടും അങ്ങനെ പിന്നെ വരുന്നത് ക്ഷത്രിയ ജാതിക്കും ബൈസാതി അന്ന് ഇവിടെ ഒന്നും ഇല്ല ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലെ ഇടപാടുകളാണ് ക്ഷീയന്മാർക്കും ഐതിഹ്യന്മാർക്കും ശൂദ്രന്മാർക്കും ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവാർക്ക് സന്യാസം പാടില്ലെന്നേ ഉള്ളു ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവാ ശ്രീകൃഷ്ണ ഭഗവാന് പറഞ്ഞ ഉദാഹരണമാണ് സന്യാസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അത് ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അവകാശമാണെന്ത് സന്യാസം അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പ്രിവിലേജാണ് എന്തുകൊണ്ട് പ്രിവിലേജാവുന്നെച്ചാ പ്രത്യേക അവകാശം സന്യാസിക്ക് ഒരു പണിയും ചെയ്യണ്ട അന്നത്തെ മറ്റ് സമൂഹൻ ോക്കൊള്ളു അവരുടെ കാര്യം മനസ്സിലായ ആ സമയം ക്ഷത്രിയനും വൈശ്യനും ശുദ്ധനും ചാകുന്നതുവരെ പണിയെടുക്കും അവർക്കതിന്ന് മാറാൻ പറ്റില്ല അപ്പൊ അന്നത്തെ ഈ തൊഴിൽ വിഭജനത്തിന്റെയും കൂടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ബ്രാഹ്മണൻ അതിന്റെ ബ്രാഹ്മണൻ ചെയ്യുന്ന അന്നത്തെ പണിയെന്ന് പറയുന്നത് വേദം പഠിക്കുക പൂജ ചെയ്യുക യാഗം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് കുറച്ച് പുകയൊക്കെ കൊള്ളുമെങ്കിലും വലിയ അധ്വാനമുള്ള പണികളെ അങ്ങനെ പണി ചെയ്ത് പണി ചെയ്ത് വയസ്സാകുമ്പോൾ ഒരു പണിയും ചെയ്യാതെ ജീവിക്കാം അതാണ് ബ്രാഹ്മണനുള്ള വ്യക്തി ക്ഷത്രിയനാണെങ്കിൽ രാജ്യം ഒക്കെ നോക്കണം ഭിക്ഷണത്തിനു മാത്രേ ബ്രഹ്മചര്യകാലത്ത് വേദം പഠിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ ക്ഷത്രി വൈശ്യൻ ബ്രഹ്മചാരിക്ക് ഭിക്ഷണ സന്യാസം ക്ഷത്രിനും വൈശ്യനും ശൂത്തനു ആകാം എന്ന് പറയുന്ന സ്മൃതികളുമുണ്ട് സംഗ്രാത പക്ഷമാണ് പാടില്ല എന്നുള്ളത് മറ്റു പലരും അംഗീകരിക്കുന്നുണ്ട് അവർക്കും കൂടെ ആകാം സന്യാസം അങ്ങനെയാണെങ്കിൽ അവർക്കും എടുക്കാം ഈ കടമ്പിടുത്തം പിടിക്കുന്ന ശങ്കരാചാര്യാണ് എന്താണ് ബ്രാഹ്മണൻ മാത്രമേ സന്യാസം പോലുള്ളൂ വേറെ പുരാണങ്ങളിലൊക്കെ അങ്ങനെയുണ്ടാവും മഹാഭാരതത്തിൽ മറ്റും പറയുന്നുണ്ട് എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രി വൈശ്യൻ ശൂദ്രം വരെയുള്ളവർക്ക് സന്യാസമാകാം രണ്ട് സന്യാസം കൃഷ്ണൻ തന്നെ പിന്നെ അതിൽ നിന്നേ വേഷം കത്തിച്ച സന്യാസവേഷധാരിയായിട്ടാണല്ലോ പോയി സുദ്രിക്കുന്നത് അതൊക്കെ അല്ല അതൊരു അതൊരു വിഷയമാണല്ലോ അത് നമുക്ക് മൈത്രേയൻ ഗാർജിയൊക്കെ അവിടെ ഒരു ജ്ഞാനമേഖലയിലേക്ക് അല്ലെങ്കിൽ വേദ പഠിതാക്കളായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ അതിന്റെ സാധ്യതയെന്നാ അതിനകത്തുള്ള സ്ത്രീകളും വേദകാലം എന്ന് പറയുന്നത് ഇന്ന അയ്യായിരം വർഷത്തിനുമ്പുള്ള കാലമാണ് ഇതൊക്കെ വേദമൊക്കെ അല്ലെങ്കിൽ ഒരു നാലായിരം വർഷം അന്ന് ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൃത്യമായ വ്യവസ്ഥയില്ലായിരുന്നു അതുകൊണ്ട് സ്ത്രീകളും ഇതൊക്കെ വേദം പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമൂഹം കുറച്ച് വികസിച്ച് വന്നപ്പോൾ സ്മൃതികളുടെ കാലം വന്നപ്പോഴത്തേക്ക് അവര് വ്യവസ്ഥകൾ ഉണ്ടാക്കി അത് പിന്നീട് വന്ന ഒരു കാലമാണ് അപ്പോ സ്ത്രീകൾക്കൊന്നും ഇത് പാടില്ല അശോധനു പാടില്ല എന്ന് പല പല കാലങ്ങളിലായിട്ടുണ്ടായ നിയമങ്ങളാണ് ഈ പറയുന്ന ഉപനിഷത്ത് ആ കാലഘട്ടത്തിൽ വളരെ സ്പെഷ്യൽ ആ കാലത്ത് അങ്ങനെ നിയമില്ലായിരുന്നു ിയമം വന്നു അത് പല കാലങ്ങളിലായിട്ട് വന്നു ശങ്കരാചാര്യ ഒരു നിയമം കർശനമായി പറഞ്ഞു അതിന് മുമ്പ് പല പുരാണങ്ങളിലും ഒക്കെ ആകാമെന്ന് പറഞ്ഞു ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് മാറി വന്നു കാര്യം അതിൽ കൂടുതലും പുരുഷൻ എന്നുള്ളതാണ് പറയാൻ കാരണം പ്രധാനമായിട്ടും അന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാരാണ് പുരുഷാധിപത്യം പുരുഷാധിപത്യത്തിന്റെ ഒരു കാലമാണ് അന്ന് സ്ത്രീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല സമൂഹത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് പുരുഷന്മാർക്കായിരിക്കണം സമൂഹത്തിൽ മേധാവിത്വം ഒന്നും ഉണ്ടാണ് ശങ്കരായര്യ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് പശു എന്ന് പറയുന്നത് ഒരുപോലെയാണെന്നാണ് പക്ഷെ ഭോഗ ഉപകരണം സൂഹിക്കുന്ന ഒരു ഉപകരണമാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പലടത്ത് എഴുതിട്ടുണ്ട് അപ്പൊ അങ്ങനെയാന്ന് കണ്ടിരുന്നുള്ളു സ്ത്രീകള് പിന്നെ കാലം മാറിയപ്പോഴല്ലേ അതിനൊക്കെ മാറ്റം വന്നു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വേണോന്ന് പറയുന്ന പണ്ഡങ്ങളും ഇന്നും ഉണ്ട് അതാ അങ്ങനെയുണ്ട് ഒരു വിഭാഗമേ ഉള്ളൂ വേണ്ടെന്ന് പറയുന്നു ഒരു വിഭാഗം സ്ത്രീകൾ ഇങ്ങനെയാണോ വേണ്ടെന്ന് പറയുന്നവരാണ് ശബരിമല ആ ശബരിയുടെ വിഷയം വന്നപ്പോ പറഞ്ഞിട്ട് റെഡി ടു വെയിറ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും ശബരിമല കയറണ്ട എന്തുകൊണ്ടും കാർഷിക സംസ്കാരം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ട് പെണ്ണുങ്ങള് പശുവിനെ പൂജിക്കുന്ന വെച്ചാ പഴയകാലത്ത് എന്താണ് നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമായിരുന്നു കാർഷിക രാജ്യമായിരുന്നപ്പോഴത്തേക്ക് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യരുടെ പശുവും കാളയും ആയിരുന്നു എല്ലാത്തിനും അതിൻ്റെ കൃഷിക്ക് വേണ്ടി ഉഴുന്നതിന് വേണ്ടി ചാണകത്തിന് വേണ്ടിയൊക്കെ ഇതൊക്കെ വേണം അതുകൊണ്ട് ജനങ്ങളിത് സംരക്ഷിക്കാന്ന് പറയുന്നത് ജനങ്ങളുടെ വലിയൊരു ആവശ്യമായിരുന്നു അതുകൊണ്ട് ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്തു പശു വല്ലേ പ്രസവിക്കുന്നത് കാളേക്കാളും അതുകൊണ്ട് അവർ പശുവിനെ പൂജിച്ചു പിന്നെ പശുവിനെ സംരക്ഷിക്കണമെന്നുള്ള ഒരാശയം വന്നു കഴിഞ്ഞപ്പോ അതിനെ പിന്നെ ആത്മീയമായി മാറ്റി ഗോസേവ എന്നായിരിക്കും ഒരു പ്രശ്നം വരും ഇതൊക്കെ വയസ്സായ എന്ത് ചെയ്യും ആരോഗ്യമുള്ളപ്പോ ഇതൊക്കെ ശരിയാ പ്രസവിക്കാനുള്ള ശേഷിയില്ലാന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത്രയും കാലം ഉപകരിച്ചോണ്ട് കൊല്ലാൻ എന്ന് പറയും അപ്പോ ജീവകാരുണ്യത്തിന്റെ സൈഡ് നോക്കുമ്പോൾ അത് ശരിയാണ് ോഷന്നുമില്ല ജീവകാരുണ്യം ഗുരു പറയുന്ന അനുസരിച്ച് ഒരു പീടെ എരുമ്പിനും വരുത്തരുത് ഇപ്പൊ പശുവിനെ കൊല്ലാൻ പറ്റൂ ഗോവധം ഗുരു അംഗീകരിക്കു ഒരു പീഡി എരപ്പിനും പക്ഷെ പ്രശ്നം അവിടെയല്ല വരുന്നേ എവിടെയാണ് പശുവിനെ പൂജിക്കണമെന്നുള്ളതാണ് പശുവിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ അത് ജീവകാരുണ്യം ഒരു വീട് ഇരമ്പിനും വരും പക്ഷേ പശുവിനെ പൂജിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിശ്വാസം മനുഷ്യന്റെ പശുവിനെ പൂജിക്കണമെന്ന് അത് ഒരു പ്രാചീനമായ വിശ്വാസം ആദ്യം ഇത് ഒരു വസ്തുവായത് കൊണ്ട് ക്രമേണ മനുഷ്യൻ പൂജിക്കാൻ തുടങ്ങി അതിനകത്ത് പൂജിക്കണോ വേണ്ടെന്നുള്ള ഓരോരുത്തരുടെ വിശ്വാസം പറ്റി വിശ്വാസമുള്ളവര് പൂജിക്കും അല്ലാത്തവർ പൂജിക്കത്തില്ല പിന്നെ വേറെ പ്രശ്നം വയസ്സായി കഴിഞ്ഞാ കൊല്ലുണ്ട പിന്നെ ഇതിനെ സംരക്ഷിക്കണ്ടേ സംരക്ഷിക്കുമെങ്കിൽ ഇതിന് വലിയ ചെലവല്ലേ കീറ്റ് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഗുജറാത്തിലൊക്കെ ഈ ഉപയോഗമില്ലാത്ത പശുക്കളെയൊക്കെ അവര് കെറ്റി തീറ്റ കൊടുത്ത് സംരക്ഷിക്കാണെങ്കിൽ നമുക്ക് സഹിക്കാം ഇവര് കറവാറ്റി കഴിഞ്ഞാൽ റോഡിലേക്ക് അയച്ച കൊണ്ട് എല്ലായിടത്തും നോർത്ത് ഇന്ത്യയിൽ ഈ റോഡിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് മഹാശല്യമാണ് വണ്ടിയുടെ അടി ചന്ദ്ര ആൾക്കാർ ഉപദ്രവിക്കും അതൊരു വല്യ വിഷയമാണോ കൊല്ലത്തില്ല കൊല്ലാൻ പാടില്ലാത്തവണ് റോഡ് അയച്ചോട്ടുണ്ട് ഉം മൈസൂറിൽ ഞാനും കൊണ്ടുപോയി ഞാൻ ഇരുന്നൂറ് പശുവിനോട് കൊടുത്തു ഞാൻ രണ്ടു തവണ ആയിട്ട് ഇരുന്നൂറ് പശുവിനോട് കൊണ്ടു കൊടുത്തു ഇരുപത്തി ദ്യം അവിടെ നോക്കിയിരുന്നു അത് കഴിഞ്ഞത് ഇവിടെ പറയുന്ന പുരുഷാർത്ഥം എന്ന് പറയുന്നത് യഷവ്യാപാര വ്യാപ്യം വെച്ചാൽ സാധ്യത പുരുഷന്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കേണ്ടാണ് പുരുഷാർത്ഥം മോക്ഷവാതിപ്പെടും പൂർവക്ഷ പറയാണ് എന്നുവെച്ചാ ബ്രഹ്മസ്വഭാവ സംസ്കാരം ആ സംഭവം ഈ പക്ഷെ പുരുഷാർത്ഥം എന്ന് പറയുന്നതിന് മോക്ഷമായിട്ട് ഒരു മോക്ഷം എന്ന് പറയുന്നത് ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കും ബ്രഹ്മത്തെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് പൂർവക്ഷ നേരത്തെ ഭാവനികാരം പറഞ്ഞു മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യനിങ്ങനെ പ്രയത്നം കൊണ്ട് സാധിക്കും നേരെ ശ്രവണം മരണം നൈറ്റാസനം ഇതേ കൊണ്ടെങ്ങനെ മോഷണം നേടാൻ പറ്റിയല്ലല്ലോ ബ്രഹ്മം നിത്യമല്ലേ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് പുരുഷന്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നതിന് കൂടെ പറയുന്നു ഉത്പത്തി വികാരം സംസ്കാരം ആപ്തി ഉത്പത്തി എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് കുടമുണ്ടാക്കുന്നു പ്രയത്നം കൊണ്ട് അവിടെ ഉത്പത്തി സംഭവിക്കും ഉത്പത്തിക്കുക വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് തൈരായി മാറുന്നു വികാരം പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് എന്താണോ ഇങ്ങനെ വെള്ളം തെളിക്കുമല്ലോ പൂജയ്ക്ക് മുമ്പ് ഓരോ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് വെള്ളം തെളിക്കും സംസ്കാരം ഉണ്ടാക്കിയാണ് എന്ന് വെച്ചാൽ ശുദ്ധമാക്കിയാണ് അതിനോട് സംസ്കാരവും അത് വൈദികമായ കാലത്ത് ഇതൊക്കെയല്ലേ പ്രവൃത്തികൾ അതുകൊണ്ട് അതുപോലെ പിന്നെ പ്രാപ്തി എന്ന് പറയുന്നത് പശുവിനൊക്കറും പാല് കിട്ടുന്നു നാല് ഉദാഹരണങ്ങളുടെ ഉദാഹരണമുള്ള അപ്പോ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നു കുടവുണ്ടാക്കും പോലെ ഉണ്ടാക്കാം പാല് തൈരാക്കുന്ന തൈരാക്കാം വെള്ളത്തിൽ പ്രോക്ഷണം വെള്ളം പ്രോക്ഷണം നടത്തി ശുദ്ധിയാക്കുന്ന പോലെ ശുദ്ധിയാക്കാം അങ്ങനെ പശുവിനെ കറന്നു പാലെടുക്കുന്ന പോലെ പ്രാപിക്കാം ഇതൊക്കെയാണ് പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നത് മോക്ഷം ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും സാധിക്കാൻ പറ്റില്ല അത് നിത്യമാണ് അത് ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് മോക്ഷം നിത്യമാണ് അതുകൊണ്ട് മോക്ഷം ബ്രഹ്മസ്വരൂപമാണെന്ന് പറയുന്നത് ശരിയല്ല ഇത് ഭാഗതികാരം പറയുന്നു ശങ്കരാചാര്യ പറയുന്നവരെയല്ല ശങ്കരാചാര്യ എന്താ പറയുന്നത് മോക്ഷം ബ്രഹ്മസ്വരൂപമാണ് അപ്പൊ അതെങ്ങനെ മനുഷ്യന് പ്രവർത്തിച്ച് നേടാൻ പറ്റും നിത്യം അല്ലേ എവിടെയാണ് ശങ്കരായ ശങ്കരായ പറയുന്നത് ജനപാതികാരനും പറയും എന്താണ് പറയുന്നത് എന്താണ് ശങ്കരായൊക്കെ കേട്ടിട്ടുണ്ടോക്ഷം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയെങ്കിൽ മോക്ഷത്തെ മനുഷ്യനെങ്ങനെ നേടാൻ പറ്റുമോ അത് നിത്യമാണ് ഥാസതി അനിത്യത്വനാ തസ്വാഭാവിക അനുഭവത്തെ മോക്ഷമെന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉത്പത്തി വികാര സംസ്കാര ആപ്തികളിൽ ഏതെങ്കിലും ഒന്നാക്കി കഴിഞ്ഞാൽ അതൊക്കെ അനിത്യമാണ് മോക്ഷം അനിത്യമായി കുടമുണ്ടാക്കിയാൽ അനിത്യം നിത്യമാവും പാല് തൈരായാൽ നിത്യമാവും സംസ്കരിച്ചു കഴിഞ്ഞാൽ നിത്യമാവും പാല് കറന്നാൽ നിത്യമാവും അതുപോലെ മോശമായി പോകും പ്രവൃത്തി കൊണ്ട് നേടുകയാണെങ്കിൽ നല്ലൊരു ചോദ്യമാണ് പ്രവൃത്തി കൊണ്ട് നേടുകയാണെങ്കിൽ അനിത്യത്വ അനിത്യമായി അനുഭവത്തെ അതൊരിക്കലും ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് മോഷം എന്ന് പറയുന്നത് ശരിയല്ല അതിൽ യുക്തില്ല അനുഭവത്തിന്ന് പറഞ്ഞു യുക്തി ഇനി ഉത്പത്യാദ്യ ഭാവ അപ്പോൾ പറയുകയാണെ മോക്ഷം ഇങ്ങനെ ഈ നിങ്ങളീ പറഞ്ഞ പോലെ കുടം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതല്ല പാല് തൈരാകുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര വ്യാപ്യത മോക്ഷത്തെ നമുക്കൊരു പ്രയത്നം കൊണ്ടും എന്ന് ഒരു സാധനം കൊണ്ടും നേടാൻ എന്നാൽ വ്യാപാരം വ്യാപ്യത പ്രവൃത്തി കൊണ്ട് മോക്ഷത്തെ നേടാൻ കഴിയത്തില്ല അതുകൊണ്ട് പറയുന്നു തസ്മ എന്ന ബ്രഹ്മവഗതി പുരുഷാർത്ഥം അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരമാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കുറുകക്ഷി പറയുമ്പോൾ ശങ്കരായാലോട് പറയണം ഭാഷയത് നിശേഷ സംസാര ബീജ അവിദ്യ വിദ്യ അനർത്ഥ നിവാരണ ഇതിന്റെ നിവാരണ നിവാരണ എന്നാണ് ഉള്ള പഠിത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിബർഹണെന്നാണെങ്കിൽ അങ്ങനെ ആയാലും കൂടെ നിവാരണ രണ്ടും അർത്ഥം ഒന്നും നിബർഹണ എന്ന് പറഞ്ഞാലും നിവാരണ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നിനാണ് ീ ബ്രഹ്മ സാക്ഷാത്കാരം കൊണ്ട് മോക്ഷത്തെ ഉണ്ടാക്കി എടുക്കുകയല്ല ചെയ്യുന്നത് ബ്രഹ്മത്തിൽ ഉള്ള എല്ലാ അനർത്ഥങ്ങളെയും ഇല്ലാതാക്കുകയാണ് എന്താണ് അനർത്ഥം അവിദ്യ പിന്നെ ജന്മത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങൾ ഇതെല്ലാം ഇല്ലാതാക്കുന്നു അപ്പോൾ കുഴപ്പമില്ലല്ലോ ബ്രഹ്മ എന്നും മുക്തം തന്നെ ബ്രഹ്മം നിത്യമുക്തമാണ് നിങ്ങള് മോഷം നേടിയാലും മോക്ഷം നേടിയില്ലെങ്കിലും ബ്രഹ്മമുക്തം തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഈ സാധനക അനർത്ഥങ്ങളെ ഇല്ലാതാവും അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഇത് അദ്വീതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ട ഒരാശയം ശങ്കരായരുടെ ഒരു ബ്രഹ്മാശ്രമ ബ്രഹ്മം നിത്യമല്ലേ അപ്പം പിന്നെ നിങ്ങള് പ്രയത്നിച്ചെങ്ങനെയാ നിത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ നേടുന്നത് അതാണോ മോക്ഷം ആണെങ്കിൽ എങ്ങനെ നേടും എന്നൊരു പ്രശ്നമില്ല ഞങ്ങൾ പ്രയത്നിക്കുന്ന ഒക്കെ അവദ്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ബ്രഹ്മത്തെ നേടാൻ വേണ്ടിയിട്ടില്ല ആൾക്കാര് സാറിന് പറയുന്നില്ല ആത്മാവിനെ നേടി ആത്മലാഭം എന്നൊക്കെ പറയുന്നില്ല അതെല്ലാം അതിന്റെയൊക്കെ അർത്ഥം ഇതാണ് ബ്രഹ്മത്തെ ആരും നേടുന്നുണ്ടാവും അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ാമതികാരം പറയുന്നു അനർത്ഥങ്ങള് നിവാരണ നിവാരണം അത് വിശദീകരിക്കുന്നു സത്യം പറഞ്ഞ ശരിയാണോ സിദ്ധാന്തമാണ് ബ്രഹ്മ ബ്രഹ്മസ്വഭാവേ ന ഉത്പത്തി അദ്ദേഹം ്രഹ്മ സാക്ഷാകാരം എന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെ ഈ സാക്ഷാത് ബ്രഹ്മും രണ്ടാണെന്ന് എടുക്കരുത് ബ്രഹ്മസാക്ഷാകാരം എന്താണോ തന്നെ ബ്രഹ്മസാക്ഷാന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെ പിന്നെ ഉത്പത്തിയാതെ അവിടെ ഉത്പത്തി ആ വികാരം സംസ്കാരം ആപ്തി ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുവെച്ചവട ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ബ്രഹ്മസാക്ഷകാരം എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെ സംഭവം ഇനി പറയുന്ന ഒരു അതിന്റെ ഒരു നീണ്ട സിദ്ധാന്തമാണ് എന്താണ് തഥാപി അനുവചനീയ അനാദി അവിദ്യാവശാ ബ്രഹ്മസ്വഭാവോ അപരാധീന പ്രകാശോ ബി പ്രതിഭാന നിങ്ങളുടെ വസ്തുവത്തിൽ എന്താണ് പ്രതിഭാനോ അഭിവാണെങ്കിലും ആകാം അല്ലെങ്കിൽ പ്രതിഭാൻ അഭി എന്നാണെങ്കിലും കുഴപ്പമില്ല പ്രതിഭാദീവ പരാധീന പ്രകാശീവ്യോ ഭിന്നോ അഭി സംസാരത്ത് പോയിന്റുകളും പറയുന്നു മോക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലെങ്കിലും ഇത് വെച്ച് പഠിച്ചോളു മനസിലായോ മോക്ഷം കിട്ടിയില്ല എന്ന് വിചാരിച്ചാലും പ്രയാസപ്പെട്ടുണ്ടോ മോക്ഷം എന്താണെന്ന് അറിയാം അപ്പൊ ഇവിടെ പറയുന്ന ബ്രഹ്മ എന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ എന്താർത്ഥം സ്വയം അതറിവാണ് സ്വയം അറിവാണ് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ അത് സ്വയം അറിവാണ് പക്ഷെ അത് സ്വയം അറിവാണെങ്കിലും നമ്മളാരും ഈ ബ്രഹ്മത്തെ അങ്ങനെ അറിവായി അറിയുന്നില്ല അറിവുണ്ട് ബ്രഹ്മമാണ് നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനെന്താ കാരണം ആവിദ്യ ബ്രഹ്മെന്ന് പറയുന്നത് അറിവായിരിക്കും ഓരോരുത്തരും അതാണ് പക്ഷെ അറിവില്ലായ്മ കൊണ്ട് എന്താ സംഭവിച്ചത് അതറിയുന്നില്ല അതെന്താ സാധനം ഈ ദേഹം ഇന്ദ്രിയ ഇതിൽ നിന്നൊക്കെ വേറെയാണത് മനസ്സിലാക്ക ദേഹം ഇന്ദ്രിയ ഇതിൽ നിന്നൊക്കെ വേറെ ഇതാണ് പഴയ നമ്മുടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതിൽ നിന്നൊക്കെ ്രഹ്മെന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്നു ഈ തത്ത്വചിന്തയില് അങ്ങനെ ഉണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ബ്രഹ്മത്തെ കാണുന്നുണ്ടോ പിന്നെ അത് നമ്മൾ വിശ്വസിക്കും അവിടെയാണ് വിശ്വാസത്തിന്റെ ണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ പറ്റിപ്പ് ആണെന്ന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ശാസ്ത്രം അത് പറ്റിപ്പാണെന്ന് പറയാതിരിക്കാനാണിവിടെ പറഞ്ഞെന്താണ് അത് അറിവാണെന്ന് സ്വയം പ്രകാശം എന്ന് വെച്ചാൽ എന്താണത് അറിവാണ് അറിവ് പറ്റിപ്പാണ് പിന്നെ അറിവെല്ലാര്ക്കും ഉണ്ടല്ലോ അറിവാണ് എന്നാണ് പറയുന്നത് അറിവാണ് ബ്രഹ്മന്ന് പറഞ്ഞ പിന്നെന്താ ഗുരുവതല്ലേ പറയുന്നു അത് അറിവാണ് പിന്നെ അത് അറിവാണെന്നറിയാമോ എന്താ കൊഴപ്പം അറിവിനെയാണ് ബ്രഹ്മന്ന് പറയുന്നത് പക്ഷെ അവിടെയും പ്രശ്നം എന്താ പ്രശ്നം യഥാർത്ഥം അങ്ങനെയാണ് അറിവാണ് വരുമ്പോന്ന് പറയുന്നത് ഗുരുവും പറയുന്നുണ്ട് എവിടെയും പറയുന്നുണ്ട് പക്ഷെ എന്താണ് അതുകൊണ്ട് പ്രശ്നം ചെയ്ത് എല്ലാ പുതിയ പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഗുരു അറിയാം ഈ അറിവിനെ ഇങ്ങറിയാനും അപ്പൊ ആ അറിവാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല അവിടെ പ്രശ്നം െന്ന് പറഞ്ഞാ നമ്മളറിയാത്തൊരറിവാണ് അറിവാ അറിയാത്തൊരറിവെന്ന് പറയുമ്പോൾ അറിയാത്ത ഒന്നും അറിയാൻ പറ്റാത്ത അറിയാൻ പറ്റാത്ത ഒരറിവുണ്ടെന്ന് നമ്മള് അറിയുക വിശ്വസിക്കുക അവിടെയാണ് വിശ്വാസം വരുമ്പോൾ വിശ്വാസം എങ്ങനെയൊക്കെ നിങ്ങൾ തിരിച്ചും മറിഞ്ഞും ചിന്തിച്ചാലും എനിക്ക് എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നത് നാപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് നൂറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ശരി ഇതെന്ത് ചെയ്താലേ പറ്റുമോ വിശ്വസിച്ചെറ്റീഷ് പറഞ്ഞാലും അവിടെ പ്രത്യേകം പറയണം നീപ്പ ചീഷ് പറഞ്ഞു എക്സ്പ്ലനേഷൻ ഉണ്ട് പറഞ്ഞോ അതായത് ഇംഗ്ലീഷ് അതായത് ഒരു മലയാളം ഇംഗ്ലീഷ് നമുക്ക് ചേർത്ത് പറഞ്ഞാല് ഇത് ശരിയാവ് ഒരു ഒരു പ്രേമൊരു നോവൽ ഉണ്ടെങ്കിൽ ഒരു പ്രേമേയും അറിയാൻ പറ്റും പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഒബ്ജെക്ട് ഉണ്ടെന്ന് പറയാൻ ഒബ്ജെക്ട് ഇസ് നോവർ ഡിപ്പെ അപ്പോൾ ദ ആത്മാ നോവർപെ അപ്പോൾ ദ ആത്മാ അതുകൊണ്ട് ആത്മാസ് ദ ട്രൂത്ത് ഈസ് ദ്രൂത്ത് ബിക്കോസ് വി ആർ നൂയിങ് ദ തിങ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ ആത്മ ഈസ് ലെയർ ദാറ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് ഇസ് ദാക്ട് ാണ് അതിനെ ഇതിനെ പറയുന്നാണ് ഈസ് ഓട്ട് എറർ എന്ന് പറയുന്നത് ഓട്ടെന്ന് വെച്ചാൽ ഓയോ ജി എച്ച് ഓട്ട് എറർ എഴുതി വെച്ചു എഴുതി വെച്ചു ആദ്യം എഴുതി വെച്ചു ജി എച്ച് 2 അതായത് ഈസെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയും അറിവ് ഉണ്ടെന്ന് പറയും മനസ്സിലായ അത് ഓക്കെ ആണ് ഓട്ടെന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് മനസിലായോ അപ്പൊ ഈസ് എന്ന നമ്മൾ ഓട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് വരും എങ്ങനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞില്ല ഈ അറിവ് എന്ന് പറയുന്നത് അറിവുണ്ടെന്നാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷെ അറിവ് ഒരു സാക്ഷിയാകണോ എന്ന് പറയുമ്പോൾ അത് സാക്ഷി ആയിരിക്കണമെന്ന് പറയുന്ന ഒരു അറിവ് കാരണം എന്താണോ ഈസ് ആയിരിക്കുന്നത് അതിനെ ഓട്ടാക്കാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ പത്തൊന്ന് ഇത് പഠിപ്പിച്ചായിരുന്നോ ആ എന്താണോ ഈസ് ആയിരിക്കുന്നത് അതിനെ വോട്ടാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അറിവെന്ന് പറയുന്നത് ഉണ്ട് അതിൽ അത് നമ്മുടെയൊക്കെ അനുഭവത്തിലൂടെ അത് അതിന്റെ അപ്പുറമുള്ള ഒരു സാക്ഷി ആയിരിക്കണോന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണോ എന്ന് പറയുന്നിടത്താണ് ഈ സ്പോട്ട് കെയർ ഈസായിരിക്കുന്നത് എപ്പോഴും ഈസായി തന്നെ ഇരിക്കും വോട്ടാകാൻ പാടില്ല ഫിലോസഫിന്ന് പറയുന്ന നിങ്ങളെ പഠിപ്പിക്കത്തില്ല പഠിപ്പിച്ച പഠിപ്പിക്കുന്നവന്റെ വയറ്റത്തടിക്കുന്ന സംഗതിയാണ് അപ്പൊ ഇത്രയും നമുക്ക് അംഗീകരിക്കാം എന്താണ് അറിവുണ്ട് പക്ഷെ അറിവെന്ന് പറയുന്നത് സാക്ഷിയാണ് കൂടസ്ഥമാണ് നിത്യമാണ് ശുദ്ധമാണ് മുക്തമാണ് നിർവികാരമാണ് നിത്യമാണ് ദുരാകാരമാണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ഓട്ടാണ് അങ്ങനെ ആയിരിക്കണോന്ന് പറയണം ഈ സിനെ വോട്ടാക്കി കഴിഞ്ഞാൽ അതൊരു അറാണ് പിടികിട്ടിയത് അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അറിവിനെപ്പോഴും എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് വേറെ തർക്കം കൊണ്ടുവരും എന്നും അവസാനിക്കുന്ന ചർച്ചകളല്ല ഇതിനുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ പറയുന്നത് അറിവ് ശരി എല്ലാവർക്കും ഉള്ള കാര്യമാണ് ആത്മാവ് ഒരു ദോഷവും എന്താ പറയാ ഇങ്ങനെ ദോഷം പക്ഷെ അറിവിന്റെ അപ്പുറത്ത് വേറൊരു അറിവുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് പിടിയിട്ടുണ്ട് ഇവിടെ ആന്ധ്രയില് പേർക്കുള്ളി എനിക്കാ കൂടുതൽ കയ്യടി കിട്ടുക അതോ അവരുടെ സ്റ്റേറ്റ് പറയുമ്പോൾ ഇതില് ഉപനിഷത്തിന് എന്തെങ്കിലും ഒരു വാക്ക് അപ്പൊ അവർക്കത് കയ്യടിക്കു കുറെ കയ്യടി അടിച്ച് എനിക്കോ ഒന്നും മനസിലായി അതൊരു ബ്രഹ്മചാരി സംസാരിച്ചല്ലേ എന്താ ചെറു അതിനെ പിടിച്ച് ഞാൻ ഫർദറായിട്ട് പറഞ്ഞു അവസാനം എഴുതിക്കൊണ്ടിന്ന് നിർത്താൻ നിർത്തുന്നു നോക്കണില്ല ഇരിക്കുന്ന ഗ്രാന്തി പിന്നെ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല എഴുതിക്കൊണ്ട് നിർത്താൻ എന്തായാലും സത്യനാരായ സ്വാമിയാണ് ഗോൾ അടിച്ചത് കാരണം ഒരു ഇംഗ്ലീഷ് അവിടെ ഇറക്കി തെലുങ്കിനെ സോപിച്ച് തെലുങ്കിനെ അടിച്ചു നിലംബരിച്ചായി ചുവരിന്ന് ഒരു ഇംഗ്ലീഷ് കൊണ്ടിറക്കി അതിനാ സ്വാമി കൊണ്ടുപോയി സ്വാമിക്കറിയ സ്വാമിക്ക് അവിടെ ചെന്നിട്ട് തെലുങ്കും വശമല്ല ഹിന്ദിയും വശവും ഇംഗ്ലീഷും വശമല്ല പിന്നെ ഒരു ഇംഗ്ലീഷ് കൊണ്ടുപോയി കഴിഞ്ഞാ ഫും അതെന്തായാലും ബുദ്ധിപൂർവ്വം ചെയ്തു പിന്നെ വേറെ കാര്യങ്ങൾ ചെയ്യണം ഇനി വിദേശത്തൊക്കെ പോകുമ്പോഴേ കൊണ്ടുപോകാൻ പറയുന്നത് അവിടെയാണോ ഇത് ശരിക്കും സ്രവ ആകുന്നത് അവിടെ കുഴപ്പമില്ല നമ്മൾ ധരിക്കും പോലെ അല്ല നമ്മളെത്ര പോലും ഇംഗ്ലീഷ് ആയി അവര് പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിച്ച ഇംഗ്ലീഷല്ല വായിത്തോന്ന ഇംഗ്ലീഷാണ് അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെയൊന്നും വിവരം ഉള്ളവരെ അടുത്തായിരുന്നു മുട്ട പറയുന്നു ഇംഗ്ലീഷ് പഠിച്ചവരാണ് അവരെടുത്ത് വരുമ്പോഴാണ് പ്രശ്നം വിദേശത്തൊന്നും ആ പ്രശ്നമുണ്ട് നമുക്കിപ്പോ ഒരു സാഹിബിന്റെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പക്ഷെ ഒരു മലയാളിയെടുത്ത് സംസാരിച്ചാലോ ആ അവധി പ്രശ്നങ്ങള സായ്പന്റെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് പോകും നമുക്ക് ഏതെങ്കിലും വാക്കിട്ടില്ലെങ്കിൽ ആരും ചേർത്തോളാം മനസ്സിലായോ അതിനെ മലയാളി അടുത്ത് പറയണെങ്കിൽ അവൻ നോക്കുക ഇംഗ്ലീഷ് തെറ്റാണല്ലോ മിസ്റ്റേക്കാണെന്നോ അതുകൊണ്ട് ആ അപ്പൊ ഇവിടെ പറയുന്നത് ഇതാണ് എന്താണ് സ്വയംപ്രകാശമായിട്ടുള്ള നശിക്കാത്തതായ ്രഹ്മുണ്ട് അത് ശരീരം ഇന്ദ്രിയം മനസ് ഇതിൽ നിന്നൊക്കെ വേറെയാണ് മനസ്സിൽ കേട്ടോ അത് അറിവാണ് ഒന്നും അത് തത്വചിന്താപരമായി നമ്മൾ അംഗീകരിച്ച പ്രശ്നമൊന്നുമില്ല യാതൊരു പ്രശ്നമില്ല ടെൻഷന്റെ ആവശ്യം നമ്മളത് വിശ്വസിച്ചാൽ മതി കുഴപ്പം ഒന്നും അതാണ് ഇവിടെ പറയുന്നത്